പറയുക വിശ്വസിച്ച എൻറെ ദാസന്മാരേ നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടുവീൻ ഈ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് പ്രതിഫലമുണ്ട് അള്ളാഹുസുബാനഹുവ ചായാലായായുടെ ഭൂമി വിശാലമാണ് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുകയുള്ളൂ